ദൈവനാമത്തിന് മഹത്വം നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ വളരെ പരിചിതമായ വാക്യങ്ങൾ നമുക്ക് നോക്കാം യോഹനൻ്റെ സുശേഷം പതിനാലാം അധ്യായത്തിൽ കർത്താവ് തിരുവായിമൊഴിഞ്ഞ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ കർത്താവ് പറയുന്നു നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം കർത്താവിലും വിശ്വസിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതം നാം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട് കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ചു കർത്താവിൻ്റെ വഴിയിൽ പോകാനായിട്ട് നാം നമ്മെ തന്നെ നൽകിയിരിക്കുന്നു ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാലും നാം ആയിരിക്കുന്നത് ഒരു ദുഷ്ടലോകത്താണ് നാം ആയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന ദൈവത്തിനാണെന്ന് തോന്നുന്നു പറഞ്ഞ ഒരു വചനം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവം അശുദ്ധരായ മനുഷ്യരെ വീണ്ടെടുത്ത് വിശുദ്ധരാക്കിയിട്ട് അശുദ്ധരായ മനുഷ്യരുടെ ഇടയിൽ വിശുദ്ധരായി ജീവിപ്പാൻ ഈ ഭൂമിയിലാക്കി പറഞ്ഞത് മനസ്സിലായോ ദൈവം അശുദ്ധരായ മനുഷ്യർ നമ്മളായിരുന്നു അശ്വതിരായ മനുഷ്യർ നമ്മളെ ദൈവം അശുദ്ധരായ മനുഷ്യരെ തെരഞ്ഞെടുത്ത് നമ്മളെ വിശുദ്ധരാക്കി തീർത്തു എന്നിട്ടെന്തോ ചെയ്തു എന്നിട്ട് നേരെ സ്വർഗത്തിലേക്ക് ഒരു റോക്കറ്റിൽ കൊണ്ടുവന്ന് അങ്ങ് ഇറക്കുകയല്ല ചെയ്തു മറിച്ച് ദൈവം ഈ ലോകത്ത് തന്നെ അശ്വത്ദ്ധരായ മനുഷ്യരുടെ ഇടയിൽ അശുദ്ധരായ മറ്റു മനുഷ്യരുടെ ഇടയിൽ അവരെപ്പോലെ അശുദ്ധരായി ജീവിപ്പാനാണോ അല്ല ആ അശുദ്ധരായ മനുഷ്യരുടെ ഇടയിൽ വിശുദ്ധരായി ജീവിപ്പാൻ ദൈവം നമ്മളെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നു ഒന്നിവിടെ പറയാമോ അശ്വത്ദ്ധരായ മനുഷ്യരെ ദൈവം വിശുദ്ധരാക്കിയിട്ട് അശുദ്ധരായ ആളുകളുടെ ഇടയിൽ വിശുദ്ധരായി ജീവിപ്പാനാക്കി വച്ചിരിക്കുന്നു അതാണ് നമ്മുടെ സ്ഥിതി അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ചില സ്വാധീനങ്ങൾ അതിൻ്റേതായ ചില നമ്മുടെ മേലുള്ള ചില ഹാങ് ഓവറുകൾ നമുക്കുണ്ടാവാം നമ്മൾ ചിലപ്പോൾ നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ ഭയങ്ങൾ പല കാര്യങ്ങൾ പല കാര്യങ്ങൾ ശരിയായിട്ടില്ല ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കലക്കം വരാം അതുകൊണ്ടാണ് കർത്താവ് ഇതറിയാവുന്നതുകൊണ്ടാണ് താനെ പറയുന്ന നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നമ്മളെ ഒരു തരത്തിൽ ഈ കാര്യങ്ങളൊന്നും മേശാത്ത സൂപ്പർമാനോ സൂപ്പർ വുമണോ ആയിട്ടല്ല ഇവിടെ നിർത്തിയിരിക്കുന്നു നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ബാധകമാണ് മഴ നമുക്കും ചൂടുണ്ട് മഴ പെയ്താൽ വെള്ളപ്പൊക്കം വന്നാൽ നമുക്കും അതനുഭവിക്കാം ഇതെല്ലാം ഈ ലോകത്തായിരിക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി സ്വാധീനങ്ങൾ നമുക്കുണ്ട് ഭയങ്ങൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രതീക്ഷിക്കത്തു പല കാര്യങ്ങൾ വരാതിരിക്കുമ്പോഴുള്ള ഉത്കണ്ഠകൾ നിരാശകൾ ഇതൊക്കെ നമുക്ക് വരാം വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കാര്യങ്ങളെ വളരെ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറയുന്ന ഒരു പുസ്തകം നമുക്ക് സത്യത്തിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ ദാവീദ് ദാവീദ് എപ്പോഴും വളരെ വളരെ ഡൗൺ ടു എർത്തായിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണ് ആത്മീയതയുടെ ഒരു ഒരു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ നോക്കുക ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട് എന്നെ ഈ കാലഘട്ടത്തെ വിളിച്ചിരിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇമേജ് നഷ്ടമായി പോകുമോ എന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് പേടി വരുമ്പോൾ ദൈവമേ എനിക്ക് പേടിയാ എന്ന് പറയും അറുപത്തൊൻപതാം സങ്കീർത്തനത്തിൽ ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളമെൻ്റെ പ്രാണനോളം ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു ആരാ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനാണ് പറയുന്നു ആ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നടത്തേണ്ട ആളാണ് പറയുന്നത് ചില രംഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പേടിയും ഭയവും വരാം ചുറ്റുപാടും സംഭവിക്കുന്നതിൻ്റെ സ്വാധീനം വരെ ഈ അറുപത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ഒരു അനുരണനം അക്ഷരാർത്ഥത്തിൽ തന്നെ വെള്ളത്തിൻ്റെ അടിയിലായ ഒരാളുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഈ ഭാഗം തിൻ ഭാഗം പിന്നീട് ഒരു പ്രവാചകനെടുത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് യോന എന്ന് പറയുന്ന ആളാണ് യോന യോനയുടെ പുസ്തകം രണ്ടാമദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും നീ എന്നെ സമുദ്രമധ്യ ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി യോനയുടെ പ്രശ്നം എന്തായിരുന്നു യോന ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു പക്ഷേ നിലവിൽ ചെന്ന് ആ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ തനിക്ക് സ്വാഭാവികമായിട്ട് തൻ്റെതായ മടി തോന്നി താൻ അതിനെ അനുസരിച്ചില്ല എന്നാൽ താൻ തൻ്റേതായ വഴിക്ക് പോകുമ്പം ദൈവം അവിടെ ഇടപെട്ടു യോന സത്യസന്ധമായിട്ട് തൻ്റെ കൂടുണ്ടായിരുന്ന കപ്പലിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഞാനാരാ ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണെങ്കിലും ദൈവത്തെ മറത്തു പോകുന്ന ഒരു ഒരുവനാണ് അതുകൊണ്ട് ഈ കാറ്റും കോളും അടങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്നെ പിടിച്ച് ഈ വെള്ളത്തിൽ ഇട്ടാൽ മതി എന്നു പറഞ്ഞു യോനയ്ക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരാളായിരുന്നു തൻ്റെ ജീവിതത്തിലൊരു ചെറിയ പാളിച്ച ഉണ്ടായി പക്ഷേ അതിൻ്റെ മുമ്പാകെ അനുദപിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കാണാൻ കഴിയും ഉടനെ കപ്പൽ പ്രമാണി ആളുകളുമെല്ലാം കൂടെ അവർ ദൈവത്തെ ഭയപ്പെടുന്ന ആളുകളായിരുന്നു അവർ പറഞ്ഞു അയ്യോ ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരല്ലേ പക്ഷേ നിവർത്തിയില്ല കാറ്റും കോളും കൂടിക്കൂടി വരിക കപ്പൽ മുങ്ങിപ്പോകുമെന്നുള്ള ഘട്ടം വന്നപ്പം ഇവരെല്ലാം കൂടെ യോനയെ പിടിച്ച് വെള്ളത്തിലിട്ടു വെള്ളത്തിൽ വീഴണ്ടി താമസം ഒരു വലിയ മത്സ്യം അവനെ വിഴുങ്ങിക്കളഞ്ഞു അവിടെ കിടക്കുമ്പോൾ ഇതാ യോന ഓർക്കുക യോനയെന്ന് പറയുമ്പോൾ പിന്നീട് വന്ന ഒരു പ്രവാചകനാണല്ലോ ഈ സങ്കീർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിചിതമാകാം അപ്പോഴദ്ദേഹം അവിടെ കിടക്കുമ്പോൾ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതയെ കടന്നു പോകുന്നു ഞാൻ ആഴമുള്ള ചേറ്റിലേക്ക് താണുപോകുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞു എന്നൊക്കെ ഉള്ളത് താന് തൻ്റേതായ വാക്കുകളിൽ അവിടെ കിടന്ന് ആവർത്തിക്കുന്നതാണ് യോനയുടെ പുസ്തകം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഈ ഞാൻ പറഞ്ഞു വന്നത് അറുപത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യങ്ങളുടെ ഒരു അനുരണനം നമുക്കവിടെ കാണാനായിട്ട് കഴിയും എന്നാണ് പ്രിയപ്പെട്ടവർ ദാവീദിൻ്റെ കാര്യവും യോനയുടെ കാര്യമൊക്കെ വിടുക നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇന്ന് ഇവിടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു പല കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങൾ കാണാം എന്നാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയും നമ്മൾ എന്താ നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചല്യപ്പെട്ടും എന്താ ആകെപ്പാടെ ഒരു ഒന്നും ശരിയാകുന്നില്ല ഏ നമ്മളെന്നാ ഒന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല എങ്കിലും എങ്കിലും നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെയൊക്കെ പല രീതിയിലുള്ള ഉത്കണ്ഠകളും പ്രയാസങ്ങളും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയും അങ്ങനെ നിരാശപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടും ഓ ഒന്നും നടക്കുക അല്ലെന്ന് പറഞ്ഞു ഞാൻ ആഴമുള്ള വെള്ളത്തിൽ താഴുന്നു കാലെങ്ങും ഉറപ്പിക്കാൻ ഒക്കുന്നില്ല വെള്ളത്തിൽ താഴുമ്പോഴുള്ള പ്രശ്നം എന്താ വെള്ളത്തിൽ താഴുമ്പം ഒരു ഉറപ്പില്ല ഉറപ്പില്ല താണുതാണ് പോവുക കയ്യും കാലുമൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട് പക്ഷേ എങ്ങും കാലെങ്ങും മുട്ടുന്നില്ല നമ്മളും ചില രംഗങ്ങളിൽ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ കാരണങ്ങളുണ്ടാവാം ചിലപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായെന്ന് വരികയില്ല എങ്കിലും നമ്മുടെ ഹൃദയവും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം പലപ്പോഴും അസ്വസ്ഥത വരാം അസ്വസ്ഥത വരാം ഈ അസ്വസ്ഥത വരുമ്പോൾ നമ്മളങ്ങനെ അസ്വസ്ഥതപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെ ഇരിക്കുക എന്നുള്ളതാണോ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം അല്ല അല്ല നമ്മൾ ആ അസ്വസ്ഥതയിൽ നിന്ന് എത്രയും വേഗം സ്വസ്ഥതയിലേക്ക് വരണം ഇതാ ദൈവം ആഗ്രഹിക്കുന്നത് മത്തായി എഴുതി സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത് കർത്താവിൻ്റെ എപ്പോഴുമുള്ള ആഹ്വാനം അതാണ് അധ്വാനിക്കുകയും ഭാരം ചോയ്ക്കുകയും ചെയ്യുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് പാപത്തിൽ കിടക്കുന്ന പാപികൾക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം മാത്രമല്ല മറിച്ച് എന്താ കർത്താവിൻ്റെ അടുത്തേക്ക് ആശ്വാസം കണ്ടെത്തിയ ആളുകളും പിന്നീട് ജീവിത സാഹചര്യങ്ങളിൽ അസ്വസ്ഥതയിലേക്ക് പോയാൽ പിന്നെയും കർത്താവ് വിളിക്കുന്നത് ഇതിന് തന്നെയാണ് നിങ്ങളെൻ്റെ അടുത്തേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്തുണ്ട് ആശ്വാസമുണ്ട് സ്വസ്ഥതയുണ്ട് സ്ഥിരതയുണ്ട് കർത്ത അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതയും സ്ഥിരതയില്ലായ്മയും ഉത്കണ്ഠകളും ചാഞ്ചല്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കെന്തോ മനസ്സിലാക്കാം നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലല്ല എന്നുള്ളതെങ്കിലും നമ്മൾ തിരിച്ചറിയണം അല്ലാതെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു പോവുകയല്ല നമുക്കൊരു ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ പേരിട്ട് വിളിക്കാൻ കഴിയാത്ത ചില അസ്വസ്ഥതകൾ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അത് പിശാചിൻ്റെ കാലടി ശബ്ദമാണ് ഒരു ദൈവർത്തനൊരിക്കലങ്ങനെ പറയും നമ്മുടെ ഹൃദയത്തിൽ ഒരു അനാവശ്യമായ പേരെടുത്ത് പറയാൻ കഴിയാത്ത എന്തോ കാരണങ്ങളാലുള്ള ഒരു അസ്വസ്ഥത വരുമ്പോൾ അല്ലെങ്കിൽ ചില നിലയിലുള്ള ചാഞ്ചല്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ചാഞ്ചല്യങ്ങളെ ആ ഭയങ്ങളെ കാരണമില്ലാത്ത ഭയങ്ങളെ ഒക്കെ നമ്മളെന്ത് തിരിച്ചറിയണം അത് പിശാചിൻ്റെ കാലടി ശബ്ദമാണ് എന്നു വെച്ചാൽ പുള്ളിക്കാരൻ നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്നതിൻ്റെ പാദപതന ശബ്ദമാണ് ഈ കേൾക്കുന്നത് ഈ അസ്വസ്ഥതയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് എന്ന് നമ്മളെ തിരിച്ചറിയണം അധ്വാനിക്കുകയും പാലിച്ചു നോക്കുകയും ചെയ്യുന്നവരെ എൻ്റെ അടുക്കൽ വരുവേം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആശ്വാസമുണ്ട് ആശ്വാസമില്ലാതെ ഒരു വിശ്വാസി ഇരിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് എടുക്കല്ലേ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് എനിക്ക് എൻ്റെ കർത്താവിലുള്ള സ്വസ്ഥതയിലേക്ക് വരണം ആശ്വാസത്തിലേക്ക് വരണം എന്നുള്ളതായിരിക്കണം നമ്മുടെ നിലപാട് പ്രിയപ്പെട്ടവർ എങ്ങനെയത് കഴിയും എങ്ങനെയാണ് അത് കഴിയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ കർത്താവിലുറപ്പിക്കുന്നതാണത് ഉറപ്പിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ അവിടെ ആശ്വാസമുണ്ട് നമ്മൾ പറയുമല്ലോ അവനിൽ ഇരുട്ടൊട്ടുമില്ല വിളിച്ച മാത്രമേ ഉള്ളൂ കർത്താവിലെല്ലാം പോസിറ്റീവായ കാര്യമേ ഉള്ളൂ അല്ലാതെ നിരാശയോ ഉത്കണ്ഠയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഉള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ആ രംഗങ്ങളിൽ ബോധപൂർവം നമ്മുടെ മനസ്സിനെ കർത്താവിലുറപ്പിക്കണം മനസ്സിനെ കർത്താവിലുറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമുക്ക് സ്ഥിരമായിട്ടറിയാവുന്ന നമ്മുടെ ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എന്താ സത്യത്തിൽ അതെന്താ മനസ്സിനെ കർത്താവിലുറപ്പിക്കുക എന്നോ കർത്താവ് ആകുന്ന പാറയിൽ നമ്മുടെ കാല് ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതാണത് ഫെയ്ത്ത് ഫെയ്ത്ത് എവിടെയോ നമ്മുടെ വിശ്വാസം അതിനൊരു അലുവുലുക്കമുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അസ്വസ്ഥത എന്ന് മനസ്സിലാക്കി നമ്മൾ വിശ്വാസത്തിൽ വീണ്ടും ദൈവത്തിലേക്ക് വരികയും നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് ചെയ്യുകയാണ് ആ സമയത്ത് വേണ്ടത് അല്ലാതെ അതുമായിട്ടങ്ങനെ അങ്ങ് പോവുക ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ക്രമേണ നമ്മുടെ ധൈര്യവും പോയി നിരാശയും വന്ന് പിന്നെ കാണുമ്പോൾ ഒക്കെ ബ്രതറേ ഒന്നും ശരിയാകുന്നില്ല ബ്രതറെ ഒന്നും ശരിയാകുന്നില്ല ഒന്നു ഒട്ട് ശരിയാകാനും പോകുന്നില്ല അടുത്ത ദിവസം കാണുമ്പോൾ അങ്ങനെയും പറയും ഒന്നും ശരിയായില്ല എന്നൊരു ദിവസം പറയും അടുത്ത ദിവസം ഒന്നും ശരിയാകാനും പോകുന്നില്ല അങ്ങനെ അങ്ങ് നിരാശപ്പെട്ടു പോയാൽ പിശാജ് അവൻ്റെ കാര്യം സാധിച്ചു അതുകൊണ്ട് അവൻ്റെ ആദ്യത്തെ കാലടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ എനിക്ക് സ്വസ്ഥതയുണ്ട് എൻ്റെ സ്വാസ്ഥ്യം കെടുത്തി കളയുന്ന എന്തെല്ലാമോ കാര്യം അതവൻ്റെ കാലടിശബ്ദമാണ് ഞാൻ ഈ സമയത്ത് എനിക്ക് ചെയ്യാവുന്നതെന്താ ഈ സമയത്ത് ഞാൻ ഈ ആഴമുള്ള വെള്ളത്തിൽ താഴുന്നു താഴുന്നു എന്ന് പറഞ്ഞിരിക്കുകയല്ലാതെ ഞാൻ ആ ആഴമുള്ള വെള്ളത്തിൽ താഴുമ്പോൾ എൻ്റെ കാലുകളെ ഒരു പാറയിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത് വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശ്വസിക്കുക വേണ്ടത് ഓക്കേ വിശ്വസിക്കുകയാണ് വേണ്ടത് പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു വിശ്വസിക്കുക വേണ്ടത് ആ ബ്രതറെ വിശ്വസിക്കുകയില്ലേ വേണ്ടത് സഹോദരി വിശ്വസിച്ചാൽ പോരായോ എത്ര എളുപ്പം പറഞ്ഞു പക്ഷേ നമ്മളൊന്ന് വിശ്വസിക്കാൻ നോക്കി നമ്മളൊന്ന് വിശ്വസിക്കാൻ നോക്ക് ബ്രതറെ ഞാനൊന്ന് വിശ്വസിക്കാൻ നോക്കുക വിശ്വസിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം നമുക്ക് നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്കൊത്തിരി വിശ്വാസമൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല എന്തില എന്തില വിശ്വസിക്കുക എല്ലാം ശരിയാകും ചില ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ ഒരാൾ ഈ കാലഘട്ടത്തെ ഒത്തിരി ക്രിസ്തീയ ലോകത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഒത്തിരി മനഃശാസ്ത്രവും ക്രിസ്തീയതയും ഒക്കെ കൂട്ടി കലർത്തി വന്ന അതിനെ തുടർന്നുള്ള ഒത്തിരി ട്രെൻഡുകളാണ് അപ്പോൾ അവർ ആ പ്രിയപ്പെട്ടവരൊക്കെ പറയും സത്യസന്ധമായിട്ടായിരിക്കാം അവർ പറയുന്നത് അവർ പറയും നമ്മളങ്ങ് നമ്മൾ എല്ലാം വിശ്വാസത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മളങ്ങനൊക്കെ പറഞ്ഞേച്ചും നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ പറയുന്നത് പോലെ ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു വിശ്വാസമുള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല തോന്നുകയില്ലെന്ന് ഞാനങ്ങ് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം തരയുമ്പോൾ വളരെ എളുപ്പമാ വിശ്വസിച്ചാൽ മതി ശരി വിശ്വസിക്കാം വിശ്വസിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വാസം നോക്കുമ്പം നമുക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല മറ്റു പലർക്കും നമ്മുടേതായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നും അവരൊക്കെ ആരാ അവരൊക്കെ വളരെ ഒന്നും പ്രശ്നമില്ല എല്ലാം ചിരിച്ചുകൊണ്ട് നടക്കുന്നു അവർക്കാർക്കും ഒരു പ്രയാസവും ഇല്ല എനിക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണിത് ഞാൻ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ കാര്യത്തിൽ മുമ്പാകെ വീണ്ടും നിരാശപ്പെട്ടു പോകാനായിട്ടൊരു സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവര് ഈ വിശ്വാസമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് മറ്റു പലർക്കും ഉണ്ടാകും എനിക്കില്ല എൻ്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വലിയ വിശ്വാസവീരനൊന്നുമല്ല കർത്താവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ ചിലപ്പം കയറി അല്പവിശ്വാസിയെന്ന് വിളിച്ചെന്നിരിക്കാം ചിലരെ ശാസിച്ചിട്ടുണ്ടല്ലോ കർത്താവ് അപ്പോൾ എനിക്ക് തീരെ വിശ്വാസം അത് പണ്ടേ അങ്ങനെ ഞങ്ങളുടെ വീട്ടുകാരെ അങ്ങനെ ഞങ്ങളുടെ അപ്പനും അങ്ങനെ ആയിരുന്നു വല്യപ്പനും അങ്ങനെ ആയിരുന്നു പുള്ളിക്കാരനൊന്നും ഒരു വിശ്വാസമുള്ള ആളുകളായിരുന്നു ഞങ്ങൾ പൊതുവെ കുടുംബപരമായിട്ട് ആരെയങ്ങനെ വിശ്വസിക്കുന്ന ആളുകളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ പ്രിയപ്പെട്ടവർ എവിടെയാ പ്രശ്നം എന്താ ഈ പ്രശ്നമെന്താ വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിലൊരു പൊളിച്ചെഴുത്തുണ്ടെങ്കിൽ ഇതീ പറയുന്നത് പോലെ വലിയ ആനക്കാര്യമൊന്നുമല്ല വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും വിശ്വാസമെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കൂടിയപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആയ യേശുവിനെ നോക്കി ആ എബ്രാഹിലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളായിരുന്നു ഞങ്ങളുടെ ചിന്ത ആ വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് ഈ കാര്യങ്ങൾ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയുണ്ടായി വിശ്വാസമെന്ന് പറഞ്ഞപ്പോൾ എന്താ ഇത് വിശ്വാസം വിശ്വാസമെന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലുള്ള ധാരണ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തോ ഒരു സാധനമാണിത് എന്നാണ് ധാരണ അല്ലേ വിശ്വാസം പ്രധാന വിശ്വാസമുണ്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പോകും വിശ്വാസമുണ്ടോ സൗരിക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടോ ആ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉള്ള എന്തോ ഒരു സാധനമാണിത് എടുത്ത് കാണിക്കേണ്ട എന്തോ ഒരു സാധനം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് രൂപ നോട്ട് കാണിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ കൈയിട്ട് നമ്മളൊരു ആ ദാ വിശ്വാസമുണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ട എന്തോ ഒന്നാണ് നമ്മിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് പൊതുവേ ക്രിസ്തീയ ലോകത്തിലുള്ള ധാരണ ആളുകളുടെ അബോധപൂർവമായ ചിന്ത കാരണം എങ്ങനെയാണ് നീ വിശ്വസിക്കുന്നു നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണ്ട നമ്മിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുക്കണ്ട ചില സൈക്കിളിന് കാറ്റടിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അതെ അതെ അതെ എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മളിൽ നിന്ന് അത് അടിച്ചടിച്ച് പൈപ്പ് ഇത് പമ്പിങ്ങനെ അടിച്ചടിച്ച് കാറ്റ് നിറയ്ക്കുന്ന പോലെ ചിലപ്പോൾ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അങ്ങ് നമുക്കും അങ്ങനെ തോന്നി നമ്മിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ട എന്തോ ആ ആണ് വിശ്വാസം എന്നാണ് പൊതുവേ ഉള്ള ധാരണ എന്നാൽ വിശ്വാസമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് സത്യത്തിൽ അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല അതിനെ ദൈവവചനം കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ കണ്ടാൽ ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാകും വിശ്വാസമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ തെരയുന്നതല്ല നമ്മുടെ പുറത്തുള്ള അല്ലെങ്കിൽ സർവ്വശക്തനായ ദൈവത്തെ നോക്കുന്നതാണ് വിശ്വാസം എന്ന് വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് പറയാം തമ്മിലല്ലാതെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മുടക്കി വരാം യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് വിശ്വസിക്കുന്നത് ആരിലാണ് വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിപ്പീൻ അല്ലെങ്കിൽ കർത്താവ് പറയുന്നു എന്നിൽ കർത്താവിൽ വിശ്വസിപ്പീൻ അപ്പം നമ്മുടെ വിശ്വാസം പ്രാഥമികമായിട്ടും നമ്മിൽ കേന്ദ്രീകരിച്ചല്ല കർത്താവിലാണ് ദൈവത്തിലാണ് ദൈവത്തെയാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ പല വാക്യങ്ങൾ നോക്ക് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് പോലെയല്ല റോമർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ചില വാക്യങ്ങൾ നോക്കുക അവിടെ എല്ലാം ദൈവത്തോട് ചേർത്ത് അല്ലെങ്കിൽ കർത്താവിനോട് ചേർത്ത് ദൈവത്തിലുള്ള വിശ്വാസം ഇരുപത്തി ഒന്നാമത്തെ വാക്യം റോമർ മൂന്നിൻ്റെ ഇരുപത്തൊന്ന് അതിൻ്റെ മധ്യഭാഗം എല്ലാവർക്കും യേശുക്രിസ്തുവിലേ വിശ്വാസത്താലുള്ള ഫെയ്ത്ത് അൺ ടു ജീസസ് ക്രൈസ്റ്റ് കർത്താവിലാണ് വിശ്വാസം കർത്താവിലാണ് യേശു ക്രിസ്തുവിലാണ് വിശ്വാസം അതിൻ്റെ മൂന്നിൻ്റെ തന്നെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നോക്കുക ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു അതിൻ്റെ മുകളില്ല അതിൻ്റെ മുകളിൽ ഇരുപത്തിയാറാമത്തെ വാക്യം യേശുവിൽ വിശ്വസിക്കുന്നവന് തന്നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവന് കണ്ടോ മൂന്നിൻ്റെ ഇരുപത്തിയൊന്നും മൂന്നിൻ്റെ ഇരുപത്തിയാറുമാണ് വായിച്ചത് നമ്മളെ വിശ്വാസം അവിടെയും യേശുവിലാണ് നമ്മിലല്ല ദൈവത്തിലാണ് കർത്താവിലാണ് കർത്താവിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് അത് ഇരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും നാലാമധ്യായം നമ്മൾ ആ ആ തന്നെ നിന്നുകൊണ്ട് നോക്കുകയാണ് നാലാമധ്യായത്തിൻ്റെ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നോക്കുക ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ അപ്പം തൻ്റെ വിശ്വാസം ഏതിലായിരുന്നു മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് താൻ വിശ്വസിച്ചത് അല്ലേ നോക്കുക അവിടെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു വരിക അബ്രഹാം വിശ്വസിച്ചത് തന്നിലല്ല വിശ്വസിച്ചത് അബ്രഹാം വിശ്വസിച്ചത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവ ചെയ്യുന്ന ദൈവത്തിലാണ് താൻ വിശ്വസിച്ചത് നാം എന്താ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും മനസ്സിലായോ നാം പറഞ്ഞു വരുന്നത് എന്താ നാം പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നമ്മിൽ നോക്കണ്ട ദൈവത്തിൽ നോക്കിയാൽ മതി ദൈവത്തിലാണത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടന്ന ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് വളരെ വേഗത്തിലൊന്ന് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മളിന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യും സഞ്ചാരി എന്ന പാട്ടുപാടിയപ്പോൾ നമ്മളീ കാര്യം ഓർത്തല്ലോ കർത്താവ് എന്താ ചെയ്തത് അവർ പടകിൽ കയറി അവർ പോകുമ്പം കടലിൽ വലിയ ഓളമുണ്ടായി പടക് തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന പറഞ്ഞു അവനെ ഉണർത്തി അവനവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഫീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു നമുക്ക് ചിരപരിചിതമായ ഒരു സംഭവമാണ് അക്കരയ്ക്ക് ഇവർ യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അമരത്ത് തലയണ വെച്ച് മറ്റൊരു സുശേഷത്തിൽ നമ്മളങ്ങനെ കാണുന്നു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുക ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഇവർ മുക്കുവരാണ് ഇവർക്ക് ഒരു വള്ളം നൗക കടലിലൂടെ തടാകത്തിലൂടെ കൊണ്ടുപോകാൻ അവർക്കറിയാം കാറ്റും കോളും വന്നാൽ അങ്ങനെ പേടിക്കുന്ന ആളുകളൊന്നും അല്ല കർത്താവിനേക്കാൾ വെള്ളത്തിൽ പരിചയമുള്ള ആളുകളാണ് ഈ കടൽ അവർക്ക് പരിചിതമാണ് എങ്കിലും കാറ്റും കോളും വർധിച്ചു വന്നപ്പോൾ അവർ വലിയ പ്രയാസത്തിലായി അവരെന്തോ എന്തോ ചെയ്തു അവർ തണ്ടുവലിച്ച് കുഴങ്ങി എന്നാണ് നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നത് അവർ തണ്ടു വലിച്ചു കുഴങ്ങി അവരപ്പോൾ ആ രംഗത്ത് പ്രയാസമുള്ള ഒരു രംഗത്ത് അവരവരുടെ കഴിവിൽ അവരിലേക്ക് നോക്കി അവരെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് ചെയ്യുക ചെയ്യുന്നത് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആ നൗകയിൽ അവരുടെ ആ പടകിൽ ഒടുവിൽ ഇരുപത്തേഴാം വാക്യത്തിൽ അവർ തിരിച്ചറിഞ്ഞതുപോലെ കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഒരുവൻ അവരുടെ പടകിലുണ്ട് അവനെ കണ്ടാൽ മതിയായിരുന്നു കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവൻ ഇവിടെ ഉള്ളപ്പോൾ ഈ പടക് വെള്ളത്തിൽ താഴുമോ അവനെ ശ്രദ്ധിച്ചാൽ അവനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവനെ ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു പകരം അവരെന്ത് ചെയ്തു അവരെ കാറ്റിനെയും കോളിനെയും കണ്ടു തങ്ങളുടെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ശക്തിയെ കണ്ടു തങ്ങളെ കൊണ്ടൊക്കുന്നില്ല എന്നുള്ളതിനെ കണ്ടു അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു ഉടനെ അവർ കർത്താവിനെ അവരെ ഉണർത്തി കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കർത്താവേ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു അവൻ ഉണർന്നു അവൻ സർവശക്തനായ ദൈവമാണ് ദൈവപുത്രനാണ് എന്നുള്ളത് അവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നു ഇരുപത്താറാമത്തെ വാക്യം കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി ഈ കടലിനെ ഈ കാറ്റിനെ ഈ പ്രകൃതിയെ ഈ ഭൂമിയെ ഈ അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവ്വശക്തനായ ദൈവമായിരുന്നു അവരുടെ പടകിലുണ്ടായിരുന്നത് അവനെ നോക്കുന്നതിനു പകരം അവർ അവരിൽ തന്നെ നോക്കി നിരാശപ്പെട്ടു പോയി അവരുടെ കഴിവുകൾ അവരാശ്രയിച്ചു അവർ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പം അവരുടെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പ്രതിരോധ ശക്തിയെ അവർ കണ്ടു ഞങ്ങളെക്കൊണ്ട് ഇനിയും പറ്റുകയില്ല തണ്ടു വലിച്ചു കുഴങ്ങി കുഴങ്ങി ഇങ്ങനെ പോയാൽ നമ്മൾ മുങ്ങിയത് തന്നെ അപ്പോൾ അവരിൽ പരിചയമുള്ള ചില ആളുകൾ കാണും അവർ ചില അങ്ങനല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം ഉടനെ അങ്ങനെ നോക്കി പലതും നോക്കി പക്ഷേ അപ്പോഴൊക്കെ അവരൊരു കാര്യം വിസ്മരിച്ചു പോയി എന്താ ഈ കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവനാഥണ്ട് ഈ കിടക്കുന്നത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം അവർ വിസ്മരിച്ചു പോയി അവനിൽ ശ്രദ്ധിച്ചില്ല ഒടുവിൽ കാര്യങ്ങൾ പ്രയാസത്തിലേക്ക് വന്നു അവർ തീർത്തും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ കർത്താവിനെ ഉണർത്തി കർത്താവിനെ ഉണർത്തിയപ്പോൾ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അവരോട് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൻ്റെ കുറവിനെയാണ് കർത്താവ് കണ്ടത് അപ്പം അവരുടെ വിശ്വാസം അവിടെ കുറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് ആ വിശ്വാസം കുറഞ്ഞത് കർത്താവ് ആൽപ്പവിശ്വാസത്തെ ശാസിച്ചല്ലോ അപ്പോൾ അവരുടെ വിശ്വാസം കുറഞ്ഞു അത് കുറഞ്ഞതെങ്ങനെയാണ് സർവ്വശക്തനായ ദൈവമാണ് അവരുടെ കൂടുള്ളതെന്ന് ആ ദൈവത്തെ അവരെ കാണുകയോ അഗ്നോളജ് ചെയ്യുകയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ സാധ്യതകൾ നോക്കിയത് പറയപ്പെട്ടവരെ നമ്മൾ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ വിശ്വാസികളുടെ പിതാവ് അബ്രഹാം അബ്രഹാമിൻ്റെ ജീവിതത്തെ നമ്മൾ കാണാറുണ്ടല്ലോ നമ്മൾ നേരത്തെ വായിച്ചു റോമർ കരുതി ലേഖനത്തിൽ നിന്ന് വായിച്ചു അബ്രഹാം ദൈവത്തിലാണ് വിശ്വസിച്ചത് എന്ന് പറഞ്ഞു ഇതിനോട് ചേർത്ത് നമുക്കത് നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പം മരിച്ചവരെ ഉയർപ്പിക്കുകയും ഓ ഒന്നുമില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്യുന്ന വലിയവനായി ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിന് ആദ്യം അത് എളുപ്പമായിരുന്നു ഉൽപ്പത്തി പുസ്തം പതിനഞ്ചാം അധ്യായത്തിൽ നോക്കുമ്പം നമുക്കത് കാണാനായിട്ട് കഴിയും നമ്മളിപ്പോഴ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്നും ഓ വിശ്വാസത്തിലൊരു കുഴപ്പമില്ലാത്ത ആളെന്നൊക്കെ പറയുമ്പോൾ തന്നെ അബ്രഹാം എങ്ങനാ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് പതിനഞ്ചാം അധ്യായത്തിൽ സൂക്ഷിച്ചു വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും ആ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പ്രാരംഭവാക്യം അബ്രഹാമേ ഭയപ്പെടേണ്ട അദ്ദേഹം അവന് പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു അബ്രഹാമെ നീ ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് പറഞ്ഞു ഉടനെ അബ്രഹാം എന്തോ ചെയ്തു അബ്രഹാം ഉടനെ തന്നിലേക്ക് തന്നെ നോക്കി ദൈവം എന്താ പറഞ്ഞത് അബ്രഹാമെ നീ പേടിക്കേണ്ട ഞാൻ ഉണ്ടല്ലോ ഞാൻ സർവശക്തനായ ദൈവം ഇവിടെ ഉണ്ട് നീ എന്നെ നോക്കിയാൽ മതിയെന്നാ ദൈവം വാക്കും ഭാഷണവും കൂടാതെ അല്ലെങ്കിൽ ഒരു പ്രത്യേക അർത്ഥത്തിൽ പറഞ്ഞത് ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അതിനോടുള്ള അബ്രഹാമിൻ്റെ പ്രതികരണം എന്താ അബ്രഹാം ഉടനെ തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് പറയുക കർത്താവായ ഹോവേ നീ എനിക്കെന്തോ തരും ഞാൻ എനിക്കാണ് മക്കളുമില്ല പിന്നെ ഈ സ്വത്തുമൊക്കെ ഉണ്ട് ഇത് ആർക്ക് കൊടുക്കണം ഞാൻ നോക്കിയിട്ട് എൻ്റെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ദമ്മേശയ്ക്ക് കയറുന്ന അവൻ വലിയ കുഴപ്പമില്ല അവനെ ഏൽപ്പിച്ചാലോ നിങ്ങളാ രംഗത്തേക്കൊന്ന് വരണേ ദൈവം എന്താ തുടങ്ങിയത് ദൈവം പറഞ്ഞു ഞാനാണ് ഞാനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഞാനാണ് ഞാൻ നിൻ്റെ പ്രതിഫലമാണ് നിൻ്റെ പരിചയമാണ് ഞാനുണ്ട് സർവശക്തനായി ഞാനുണ്ട് എന്ന് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തിയപ്പം അബ്രാം ഈ ദൈവത്തെ നോക്കണ്ടതിന് പകരം ഓക്കെ എന്ന് പറഞ്ഞ് തന്നെ തന്നെ നോക്കുക കർത്താവായ ഹോവേ നീ എനിക്കെന്തോ തരും ഞാനാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ മക്കളില്ല പിന്നെ അവകാശി ഇവനാക്കിയാലോ നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ എൻ്റെ ദാസൻ എന്നൊക്കെ പറഞ്ഞ് പാടും പറയും ചില ചില ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചില പണ്ടും പരപ്പും എല്ലാം പറയല്ലേ അയ്യോ എന്തോ ചെയ്യാൻ ആ ബ്രതറെ ദൈവമുണ്ട് എന്ന് ദൈവം പറഞ്ഞപ്പം പറയുക അയ്യോ എനിക്കാണ് മക്കളും ഇല്ല പിന്നെ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൂടാ ദമ്മ ഒത്തിരി ഒത്തിരി ദാസന്മാരൊക്കെ ഉണ്ട് കൊള്ളാവുന്ന ഒരുത്തൻ കൂട്ടത്തി ഭേദം ഇലയാസറ എന്നാൽ അവനെ അങ്ങ് ദൈവമേ എന്നെല്ലാം പറഞ്ഞ് അബ്രഹാം തൻ്റെ പാടും പ്രയാസങ്ങളുമെല്ലാം അതിലേക്കാ നോക്കുന്നു ഉടനെ ദൈവം എന്തോ ചെയ്തു ദൈവം എന്തോ ചെയ്തെന്ന് വെച്ചാൽ ദൈവം പറഞ്ഞു അതിന് ദൈവം പറയുന്ന മറുപടി കണ്ടോ അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പിന്നെ അവൻ അവൻ പറഞ്ഞു ദൈവം പറഞ്ഞു അവനെ പുറത്തു കൊണ്ടു എന്ന് നീ ആകാശത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞു ദൈവത്തിന് മനസ്സിലായി ദൈവം ഈ ഒരു പക്ഷേ ഇവൻ്റെ ഈ പറച്ചിലെല്ലാം കേട്ട് ദൈവം ഒരു ഇവനോട് സഹതപിച്ച് ദൈവം വിചാരിച്ചു ഇവൻ ഇതിൻ്റെ അകത്തിരുന്നാൽ ശരിയാകുകയല്ല ഈ കൂടാരത്തിനകത്തിരുന്നാൽ മേളിലോട്ടും കണ്ണു പോവുകയില്ല ഈ കൂടാരും ഇവിടുത്തെ തൻ്റെ ശരീരത്തിൻ്റെ നിലയിൽ മക്കളില്ലെന്നും സാറായിയുടെ ശരീരത്തിൻ്റെ നിലയും ഓ ഇവിടുത്തെ പ്രശ്നങ്ങളും ഇതെല്ലാം ഇവൻ നോക്കിക്കൊണ്ടിരിക്കും ദൈവം എന്തോ ചെയ്തു ഇവനെ അവിടെ നിന്ന് വിളിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു പിന്നെയും അവൻ്റെ കണ്ണുകളെ ഉയരത്തിലേക്കാണ് ദൈവം ക്ഷണിക്കുന്നത് അവിടെ അവൻ അവനിൽ തന്നെ നോക്കിയപ്പോൾ അവന് നിരാശപ്പെട്ടു പോയി അബ്രഹാത്തിനെ ദൈവം ഓ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ദൈവത്തെ നോക്കാനായിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചും വിശ്വാസമെന്ന് പറഞ്ഞാൽ അതാ നമ്മൾ പലപ്പോഴും നമ്മുടേതായ പ്രയാസങ്ങളിൽപ്പെട്ടിരിക്കുമ്പം അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ തിരയുന്നത് ദൈവം ആ കാണുന്ന തരത്തിലൊരു സൊല്യൂഷനല്ല നൽകുന്നത് ദൈവത്തിന് എപ്പോഴും ഒരു സൊല്യൂഷനേ ഉള്ളൂ അതാരാ അത് താൻ തന്നെ ഞാനിവിടെ ഉണ്ടല്ലോ ദൈവം അതാ പറയുന്നത് എന്നെ കാണുക നീ എന്നെ കണ്ടാ മതി അതാ വിശ്വാസം ഇവിടെ ഇതാ അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു അവൻ്റെ കണ്ണുകളിലെ മുകളിലേക്ക് ഉയർത്താൻ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ അവനെ ഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവന് നീതിയായി കണക്കിട്ടു ഇങ്ങനെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വാസമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തെ ദൈവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു കാര്യമാണ് ചുരുക്കത്തിൽ ഒരു കൊച്ചു കാര്യമായത് ദൈവമുണ്ട് സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തെ നോക്കുന്നതാണ് ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണോ നമ്മൾ നേരത്തെ പറഞ്ഞു വിശ്വസിക്കുന്ന വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണെന്ന് പറഞ്ഞു എന്നാൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു വന്നപ്പം ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണോ അല്ല ദൈവം സർവശക്തനല്ലേ അതെ അതെ അതെ അതെ നൂറുവട്ടം നമ്മൾ അതെ എന്ന് പറയും അപ്പോൾ ആ സർവശക്തനായ ദൈവം ഉണ്ട് എന്ന് കണ്ടാൽ മതി നീ അത് കണ്ടാൽ മതി നിനക്കെന്തുണ്ട് വിശ്വാസമുണ്ട് സഹോദരി മേലിൽ പറയല്ലേ ബ്രതറേ എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറയല്ലേ ദൈവം ഉണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ ഉണ്ട് ആ ദൈവത്തിലേക്ക് കണ്ണുയർത്ത് അത്രയേ ഉള്ളൂ അല്ലാതെ നിന്നിൽ നിന്നെന്തോ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല ചോദിക്കുന്നത് ദൈവത്തെ അബ്രഹാം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഈ ഹോവിയിൽ വിശ്വസിച്ചു അതവന് നീതിയായിട്ട് കണക്കിട്ടു പതിനെട്ടാമധ്യായത്തിലേക്ക് വരുമ്പോഴും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമധ്യായത്തിലേക്ക് വരുമ്പോഴും അത് സാറയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു കാര്യമാണ് അവിടെ ദൈവം തന്നെ പറയുന്നു അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്ക് ആ സംഭവം അറിയാം ആ കുഞ്ഞുണ്ടാകുന്ന കാര്യമൊക്കെ മൂന്ന് പുരുഷന്മാർ വന്ന് മമ്മറയുടെ തോപ്പിൽ വച്ച് ആ കൂടാരവാതിക്കൽ ഇരുന്ന അബ്രഹത്തിന് മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ വരുന്ന കണ്ടു കൂടാരവാതുക്കിൽ നിന്ന് അവരെ സ്വീകരിപ്പാനായിട്ട് അബ്രഹാം ഓടിച്ചെന്നു അവരെ വീട്ടിൽ കൈ കൊണ്ടു അവരുടെ മുമ്പിൽ ഒരു മുറി അപ്പം വെച്ചു സാറാ മൂന്നിടങ്ങഴി മാവ് എടുത്ത് കുഴച്ചു കാളക്കടാവിനെ പിടിച്ചു നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം അത് കഴിഞ്ഞ് ദൈവം പറയുന്നു നിങ്ങൾക്ക് മക്കളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ സാറാ ചിരിച്ചതും അതിനോട് ചേർന്ന് ദൈവം പറയുന്ന പതിനെട്ടിൻ്റെ പതിനാലാമത്തെ വാക്യം യേ ഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ ദൈവം തന്നെ തന്നെ സർവശക്തനായ ദൈവമായിട്ട് പരിചയപ്പെടുത്തുക നിങ്ങൾക്ക് പ്രശ്നമുണ്ട് സാറായ നിനക്ക് പ്രശ്നമുണ്ട് സാറാ പ്രശ്നമുള്ളപ്പം എന്തിലേക്കാണ് നോക്കിയത് തന്നിലേക്ക് തന്നെ നോക്കിയത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കിയാൽ നമുക്കറിയാം ആകയാൽ സാറാ ഉള്ളുകൊണ്ട് ചിന്തിച്ചു വൃദ്ധനായിരിക്കും വൃദ്ധയായിരിക്കുന്നെനിക്ക് അതുപോലെ എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവള അവളിലേക്ക് നോക്കിയപ്പം ദൈവം പിന്നെ സാറയോട് പറയുന്നു നീ അത് നോക്കണ്ട ദൈവത്തെ നോക്ക് ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ വളരെ ചെറിയൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് ദൈവത്തെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും ഇല്ല ഇത് പുതിയൊരു കാര്യമല്ല പുതിയ കാര്യമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ദൈവത്തെ കഴിയാത്തക്ക വല്ല കാര്യമുണ്ടോ സർവ്വശക്തനായ ദൈവത്തെക്കൊണ്ട് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ദൈവത്തിന് ഏത് കാര്യവും എളുപ്പമല്ലേ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു സഹോരന്മാരൊക്കെ ഇവിടെ ഒരു ഇവിടെ ഒരു സഹോദരനും കുടുംബവും അവരുടെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടപ്പം ഈ സഹോദരനെ കുടുംബത്തെ എങ്ങനെയാ പുതിയൊരു ജോലി കണ്ടുപിടിക്കണം സഹോരൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പഴയ അഞ്ചാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി അദ്ദേഹത്തിന് സംഘടിപ്പിച്ചു കൊടുക്കണം ഇവിടെ സഹോദരന്മാരെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം കൂടെ കൂടി പല കാര്യങ്ങളും ചിന്തിച്ചു നമുക്കൊരു ഒരു ആ ഒരു തട്ടുകട ഇട്ടാലോ വൈകുന്നേരം കൂടി ഏ അപ്പോൾ അത് ചിന്തിച്ചപ്പോൾ സന്ധ്യ ആകുമ്പോഴാണ് സാമൂഹ്യപുരുത്തന്മാരൊക്കെ ഇറങ്ങുന്നത് അവർ ഇറങ്ങിയിട്ട് എന്തു ചെയ്യും അവരിറങ്ങിയിട്ട് ഈ പാവം ഉണ്ടാക്കി വെച്ചേക്കുന്നതെല്ലാം എടുത്ത് കഴിച്ചേച്ച് കയ്യിലുള്ള പൈസയും പിടിച്ച് ഒരു അടിയും കൊടുത്തേച്ച് പോയാൽ നമുക്കൊട്ട് സി എഫ് സിയിലുള്ള ആളായതുകൊണ്ട് തിരിച്ചടിക്കാനും ഒക്കെ ഇല്ല ആകെപ്പാടെ പ്രശ്നം അതുകൊണ്ട് ഈ പരിപാടി വേണ്ട ആ എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയ ഒരു വണ്ടിയെ കൊണ്ട് നടന്ന് കൊടുത്താലും അപ്പോൾ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് പിന്നെ സഹോദരൻ നിങ്ങൾക്ക് എന്തോ പരിപാടി അറിയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാനറിയാം ഏതു തരം വണ്ടിയും ഞാൻ ഓടിക്കും ഏതു വണ്ടി ഓടിക്കും എന്നാൽ പിന്നെ അതങ്ങ് ചെയ്താൽ പോരെയോ പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് അതിന് സർക്കാർ വെച്ചിട്ടുള്ളത് ഒരു എടുക്കണമെന്നൊരു പരിപാടി വെച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കണമെങ്കിൽ അല്ലാതെ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കെല്ലാം വണ്ടി ഓടിക്കാൻ ഒക്കുകയില്ല ബാഡ്യെടുത്തവർക്ക് മാത്രമേ അതിനൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കാനായിട്ട് ഒക്കെയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതങ്ങ് എടുക്കണം അതെടുക്കാനൊരു പ്രശ്നമുണ്ട് അതിന് മിനിമം എട്ടാം ക്ലാസ്സെങ്കിലും വേണം ഞാൻ പഴയ അഞ്ചാം ക്ലാസും ഡ്രില്ലുമാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയും ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് ഈ സഹോദരൻ എട്ടാം ക്ലാസ് പഠിപ്പിക്കാനോ പരീക്ഷ എഴുതിക്കാനോ ഒക്കുകയില്ല അങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ ഒരു സാധ്യത ഇല്ലാതായപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി സൗരന്മാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് നിന്നപ്പോൾ ഈ സൗരൻ എന്നെ വിളിക്കുക അംഗളേ അത് മനോരമ പത്രത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജ് മൂന്നാമത്തെ കോളം ഒന്ന് വായിച്ചാട്ടെ അപ്പോൾ ഞാൻ ഞാൻ തപ്പിയെടുത്ത് വായിച്ചപ്പോൾ എന്താ സംഭവം സർക്കാർ പറഞ്ഞു ഇനിയിപ്പം ബാഡ്ജെന്നൊരു പരിപാടി വേണ്ട ഞങ്ങളതങ്ങ എടുത്തു കളഞ്ഞു ആർക്കും ർക്കും വണ്ടി ഓടിക്കാം നോക്കി ഈ ഇത്രയും ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു ഭാഗ്യം ഉണ്ടായിരുന്നു ഭാഗ്യം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കർത്താവേ എന്തുവാ ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ജൂണാകുമ്പം അവരെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കണം ഇവരെവിടെ താമസിക്കും എന്ത് ജോലി ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പറഞ്ഞപ്പോ അത് ആ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ സർക്കാർ തന്നെ നിയമം മാറ്റിക്കളഞ്ഞു ബാഡ്ജു വേണ്ട ഇനിയിപ്പോൾ എന്തു ചെയ്യാം ഇനിയിപ്പോൾ അഞ്ചാം ക്ലാസ് തോറ്റാക്കും വണ്ടി ഓടിക്കാൻ ഒക്കും ബാഡ്ജിൻ്റെ ആവശ്യമേ ഇല്ലെന്ന് വന്നു ഞാൻ പറഞ്ഞത് ദൈവ സർവശക്തനാണോ ദൈവ സർവശക്തൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും അബ്രഹാം യോബ് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് സഹോദരൻ എൻ്റെ നിൻ്റെയും ജീവിതത്തിൽ ഒത്തിരി അത്ഭുതമുണ്ട് അതൊന്ന് കാണാൻ കണ്ണ് തുറന്നാൽ മതി നമ്മളെപ്പോഴും വേറെ അത്ഭുതങ്ങളും വിശ്വാസമെന്നൊക്കെ പറയുമ്പോൾ നമ്മിൽ നിന്ന് അന്യമായ എന്തോ ഒരു കാര്യം പോലെ നമ്മളൊക്കെ എന്തോ നമ്മൾ ഓ ഇതൊരത്ഭുതമല്ലേ പ്രിയപ്പെട്ടവർ നോക്ക് കേരള സർക്കാർ ഉണ്ടായ കാലം മുതൽ ഇത്രയും നാൾ നിലവിലിരുന്ന ഒരു നിയമം ആ നിയമം ഒരു സുപ്രഭാതത്തിൽ മാറ്റി അത് കഴിഞ്ഞ വർഷം മാറ്റാൻ അടുത്ത വർഷം മാറ്റാൻ എന്താ മാറ്റിയതെന്താ സർവശക്തനായ ഒരു ദൈവം ഉണ്ട് ദൈവമുണ്ട് ദൈവമുണ്ട് ഈ ദൈവത്തെ കണ്ടാൽ പോരെ ദൈവത്തിന് സർവശക്തിയുണ്ട് ഇല്ലേ നിയമങ്ങൾ എഴുതുന്ന ആളുകളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കരുതോ അത് കൃത്യമായിട്ട് നമുക്കാവശ്യമുള്ള ഈ സമയത്ത് തന്നെ വന്നത് അപ്പോൾ സർവ്വശക്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ നോക്കുക ഇത്രയേ ഉള്ളു വിശ്വാസം ഇത്രയുള്ളു വിശ്വാസം പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ അതെന്തോ ചില അത്ഭുതങ്ങൾ ഏഹ് നടക്കാൻ വയ്യാത്ത ഒരാളെ പ്രാർത്ഥിച്ച് ഉടനെ പുള്ളി ആ ക്രച്ചസ്സൊക്കെ കളഞ്ഞു നടന്നു പോകുന്നു നമുക്കെപ്പോഴും ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ കാണാവുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില അതിൻ്റെ അത്ഭുത പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത് എന്നാൽ നമ്മളെന്താ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതും ഒരത്ഭുതമാണ് എന്നാൽ അതിനേക്കാളൊക്കെയുള്ള അത്ഭുതം നമ്മുടെ ജീവിതത്തിലെ നിരാശയുടെയും ഉത്കണ്ഠയുടെയും സമയത്ത് ദൈവത്തെ ദൈവമായിട്ട് കണ്ടാൽ നമ്മുടെ നിരാശയും ഈ മൂടൽ മഞ്ഞും മാറിപ്പോകും നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് വീണ്ടും സ്വസ്ഥമായിട്ടിരിക്കാം ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നേരത്തെ മത്തായി എഴുതിയ സുവിശേഷം എട്ടാമധ്യായത്തിൽ വിവരിച്ച അതേ രംഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുമ്പം വേറൊരു ആസ്പെക്റ്റിലാണ് മർക്കോസ് തോന്നുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതേ സംഭവം തന്നെ മർക്കോസ് വിവരിക്കുന്നുണ്ട് അതിൻ്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് ക്ഷമിക്കണം നാലാമധ്യായം നാലാമധ്യായം നാലാമധ്യായം മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന് പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വഴി വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു നമ്മളെ മത്തായി എഴുതിയ സുശേഷം എട്ടാം അധ്യായത്തിൽ വായിച്ച അതേ സംഭവം തന്നെ മർക്കോസ് രേഖപ്പെടുത്തുക മർക്കോസ് രേഖപ്പെടുത്തുമ്പം മർക്കോസ് അവിടെ പറയുന്നു ഉറങ്ങുകയായിരുന്നു ഉറങ്ങിയ കർത്താവിനെ അവരുണർത്തി ഉണർത്തിയപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടാണ് അവരെ ഉണർത്തിയതെന്നാണ് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ഉണർത്തി എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ അല്പം വ്യത്യാസമുണ്ട് അവർ ഉണർത്തി ഗുരോ ഞങ്ങൾ നശിച്ചു നിനക്ക് വിചാരമില്ലയോ എന്നാണ് പറഞ്ഞതായിട്ടാണ് ഇവിടെ പറയുന്നത് ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞപ്പോൾ അവരെന്താ സത്യത്തിൽ ഇത് ഈ പറച്ചിൽ ഉദ്ദേശിച്ചത് മത്തായി എഴുതുന്ന സുവിശേഷത്തിൽ അവർ പറയുന്നത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ നശിച്ചു നീ നിൻ്റെ സർവശക്തി കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള നീ സർവശക്തനാണോ എന്നുള്ള ഒരു കാര്യത്തിലാണ് അതിനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് രക്ഷിക്കണേ ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങൾ ര നശിച്ചു പോകാതെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തായിരിക്കണം നീ സർവശക്തനായിരിക്കണം ദൈവം സർവശക്തനാണോ എന്നുള്ള സംശയമാണ് മത്തായി എട്ടിൽ ഇരുപത്തഞ്ചിൽ നമ്മൾ കാണുന്നത് എന്നാൽ മർക്കോസ് നാലിൽ നമ്മൾ കാണുന്നതോ മർക്കോസ് നാലിൻ്റെ മുപ്പത്തിയെട്ടിൽ നമ്മൾ കാണുന്നിടത്തെ പ്രശ്നം എന്താ നീ സർവശക്തനായിരിക്കും നിനക്കെല്ലാം ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കും പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ നിനക്ക് മനസ്സുണ്ടോ നിനക്ക് ഞങ്ങളെക്കുറിച്ച് കൺസേൺ ഉണ്ടോ നിനക്ക് ഞങ്ങളോട് കരുണയുണ്ടോ എന്നുള്ള ആ പോയിൻറ്റിലാണ് ഇവിടെ സംശയം ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ എപ്പോഴും നമുക്ക് വിശ്വാസമില്ലായ്മ വരുമ്പം ഈ രണ്ട് കാര്യത്തിൽ എവിടെങ്കിലും ആയിരിക്കും ദൈവം സർവശക്തനാണ് ദൈവത്തിന് ഇത് മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തെ നമ്മൾ സംശയിക്കുന്നു അല്ലെങ്കിൽ അവൻ സ അവൻ സർവശക്തനാണെങ്കിലും എനിക്ക് വേണ്ടി അത് ചെയ്യാനവന് ചെയ്യാൻ അവന് കഴിയുമോ അതിനവന് മനസ്സുണ്ടോ അവനെന്നോട് കരുണയുണ്ടോ എൻ്റെ കാര്യത്തിൽ അവന് കൺസേണുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ സംശയം വരാം നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മളൊരു മന്ത്രിയെ ചെന്ന് കണ്ടു മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു മുഖ്യമന്ത്രിയെ ചെന്ന് കാണുമ്പോൾ നമുക്കറിയാം എന്തുണ്ട് മുഖ്യമന്ത്രിക്ക് ഇത് മാറ്റാനുള്ള ശക്തിയുണ്ട് ശക്തിയുണ്ട് ശക്തിയുണ്ട് കഴിവുണ്ട് കഴിവുണ്ട് കഴിവുള്ളത് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ ഇല്ല നമ്മളതിനൊരു പ്രമേയം കൊടുക്കുമ്പം അതിനൊരു നമ്മൾ ഒരു പരാതി എഴുതി കൊടുക്കുമ്പം അത് സ്വീകരിച്ച് നമ്മളെ സഹായിക്കാൻ അദ്ദേഹത്തിന് മനസ്സുമുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ കേവലം കഴിവുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല കഴിവ് വേണം അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ മനസ്സും വേണം മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൽ അവരുടെ ചോദ്യം നിനക്ക് കഴിവുണ്ടോ എന്നുള്ളതായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിലെ അവരുടെ ചോദ്യം നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആസ്പെക്റ്റ് അതിനുണ്ട് ഒന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വലിയവനായ ദൈവം അവിടുന്ന് സർവശക്തനാണ് അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ അവിടുന്ന് നമുക്കത് ചെയ്തു തരാൻ അവിടത്തേക്ക് മനസ്സുണ്ട് വലിയ മന്ത്രിക്ക് ചിലപ്പോൾ മനസ്സ് കാണുകയില്ല ജില്ലാ കലക്ടർക്ക് ചിലപ്പോൾ മനസ്സ് കാണുകയില്ല എന്നാൽ നമ്മൾ സേവിക്കുന്ന നമ്മുടെ വലിയവനായ ദൈവത്തിന് നമുക്കത് ചെയ്തു തരാൻ അവിടുത്തേക്ക് മനസ്സുമുണ്ട് ഈ കാര്യമാണ് അവിടെ കാണുന്നത് ഇപ്പോൾ രണ്ട് കാര്യത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ദൈവത്തിൻ്റെ ദൈവത്തെ നമ്മൾ കാണുക ചെയ്യുന്നു ദൈവമേ നിനക്കത് കഴിയുമോ കഴിയും യെസ് നിനക്കതിന് മനസ്സുണ്ടോ യെസ് രണ്ടും അതിന് ടിക്കിട്ട് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസമായി ഞാനെന്താ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കൊച്ചു കാര്യമാണ് പ്രിയപ്പെട്ടവര് വിശ്വാസമെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വാസമില്ലെന്ന് ഇനി ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും പറയരുത് കുഞ്ഞു മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഏതെങ്കിലും രംഗങ്ങളിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുമ്പം ദൈവത്തിൽ മനസ്സുറപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പം അത് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറയരുത് ദൈവ സർവശക്തനല്ലേ അത് കാണുക ദൈവത്തിന് ആ സർവശക്തനായ സ്വർഗസ്ഥനായ ആ ദൈവം നമ്മുടെ പിതാവല്ലേ അവിടത്തേക്കെപ്പോഴും നമ്മളോട് മനസ്സില്ലേ മനസ്സുണ്ട് ഈ കാര്യങ്ങൾ കണ്ടാൽ മതി രണ്ടു കോരിഞ്ചറിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട് രണ്ട് കുരിൻ്റെ ഒന്നാമധ്യായം ഒന്നാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗവും ഇരുപതാമത്തെ വാക്യവും ചേർത്ത് നോക്കുക ദൈവപുത്രനായ യേശു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല അവനിൽ ഉവ് എന്നത്രേ ഉള്ളൂ എന്താ വായിച്ചത് ദൈവപുത്രനായ യേശു ഒരിക്കൽ േസ എന്നും പിന്നീടൊരിക്കൽ നോയെന്നുമല്ല യേശുക്രിസ്തു എന്താ യേശു ക്രിസ്തു അവനിലെന്തേ ഉള്ളൂ അവനിൽ ഏശേ ഉള്ളൂ യേശേ ഉള്ളൂ എന്നിട്ട് ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ് എന്നാണ് യേസെന്നാണ് അത് കാണുമ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യും ഞങ്ങൾ അതിനോട് ആമേൻ എന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കും ആമേൻ പറഞ്ഞാൽ മതി നമ്മൾ ആമേൻ പറഞ്ഞാൽ മതി ഉവ്വ് യേസ് എന്നുള്ള കാര്യമെല്ലാം ദൈവത്തിലാണ് അവനെ കൊണ്ട് കഴിയും അവന് മനസ്സുണ്ട് ഈ കാര്യം ദൈവത്തിലുണ്ട് അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ മതി ആമേൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മതി ഉവ് ദൈവമേ നീ സർവശിക്തനാ നിനക്ക് അതിന് മനസ്സുമുണ്ട് എന്നുള്ളത് നമ്മൾ രണ്ടിനും യേസ് പറഞ്ഞ് മതി ഇത് പ്രയാസമുള്ള കാര്യമാണോ ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ഇതിനെ ഈ നിലയിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ കാണാത്തതാണ് നമ്മൾ വായിച്ചു വന്ന വാക്യത്തിലേക്ക് മടങ്ങി വന്ന് നമുക്ക് അവസാനിപ്പിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ കർത്താവ് പറയുന്നു നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് കാണുക ദൈവത്തെ അങ്ങനെ അംഗീകരിക്കുക ദൈവത്തെ അക്നോളജ് ചെയ്യുക ദൈവത്തെ അംഗീ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സർവശക്തിയും ദൈവത്തിന് നമ്മോടുള്ള കരുണയും രണ്ടും കണ്ട് രണ്ടും എപ്പോഴും എസ് എസ് എന്ന് തന്നെയാണ് രണ്ടും എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിൽ അടഞ്ഞിട്ടില്ല ആ തുറന്ന് കിടക്കുന്ന വാതിൽ ദൈവത്തിലുണ്ടെന്ന് കണ്ട് അത് രണ്ടും കണ്ട് ദൈവമേ നീ സർവശക്തനാണ് നിനക്ക് കഴിയും ദൈവമേ ഇത് ചെയ്തു തരാൻ നിനക്ക് മനസ്സുമുണ്ട് നീ വലിയവനായ ദൈവമാണ് നിന്നെ ആ നിലയിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് അബ്രഹാത്തെ പോലെ ഉയരത്തിലേക്ക് കണ്ണുയർത്തി അത് കണ്ട് അതിന് ആമേൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വിശ്വാസമായി നമ്മുടെ ഭാഗത്ത് അത്രയും മാത്രം ചെയ്താൽ മതി എന്നാണ് നമ്മൾ ഇവിടെ കണ്ടത് നമുക്ക് ആ വാക്യത്തിലേക്ക് വീണ്ടും വരാം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പേൻ കർത്താവിനേയും വിശ്വസിക്കാൻ പറഞ്ഞു വലിയവനായ ദൈവത്തെ മാത്രമല്ല കർത്താവിനെയും വിശ്വസിക്കാനായിട്ട് പറഞ്ഞു കർത്താവിലുള്ള വിശ്വാസം ഗലാത്തീർ കഴിഞ്ഞ ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവിനിലേക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് രണ്ടാമധ്യായം ഗലാത്തിർ കഴിഞ്ഞ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രയും ഞാൻ ജീവിക്കുന്നത് ഇപ്പം നമുക്ക് ജീവിക്കാൻ ഒക്കുന്നത് ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് ദൈവത്തിൽ വിശ്വസിപ്പയും കർത്താവിലും വിശ്വസിപ്പയും ദൈവത്തെ സർവശക്തനായിട്ടും കരുണയുള്ളവനായിട്ടും കാണുക ആ വലിയവനായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവപുത്രനെയും അവൻ ദൈവം അവനെക്കൊണ്ട് സർവശക്തിയുണ്ട് രണ്ട് അവൻ മനസ്സലിവുള്ള കർത്താവാണ് ഇത് രണ്ടും അവനിലുണ്ടെന്ന് കണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്ന് പറയുന്നു നമ്മൾ ആ പതിനാലാം അധ്യായത്തിൽ കർത്താവ് തുടർന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനെ ചെയ്യും കണ്ടോ നമ്മളോട് പറഞ്ഞത് ദൈവത്തെ വിശ്വസിക്കാനാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു വിചാരിച്ചു ദൈവത്തെ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ വിശ്വസിച്ചാൽ മതിയെന്നാണ് വിചാരിച്ചത് എന്നാൽ ഇവിടെ തുടർന്ന് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്തു ചെയ്യും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതും അവൻ ചെയ്യുമെന്ന് പറഞ്ഞു കർത്താവ് എന്തെല്ലാം പ്രവൃത്തി ചെയ്തു കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചു കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു കർത്താവിൽ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും ഈ വാക്യം വരുമ്പോഴാണ് നമ്മൾ പ്രശ്നം നമ്മുടെ പ്രശ്നം നമ്മൾ പറയും ബ്രദറെ കണ്ടോ കണ്ടോ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി മരിച്ചവരെ ഉയർപ്പിക്കുക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുക ഇതൊന്നുമില്ല എന്നെ കൊണ്ടൊക്കുമോ ശരിക്കുള്ള വിശ്വാസമുള്ള ആൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യണമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെക്കൊണ്ട് അങ്ങനൊന്നും ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് ഈ പന്ത്രണ്ടാമത്തെ വാക്യത്തെ ചിലര് തങ്ങൾക്കുള്ള ഒരു എക്സ്ക്യൂസായിട്ട് ഒരു ക്ഷമാപണമായിട്ടെടുക്കും എന്നാൽ അങ്ങനെയല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞിട്ടില്ല കർത്താവ് നമ്മളോട് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പം മരിച്ചവരെ ഉയർപ്പിക്കണമെന്നോ അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കണമെന്നോ ആ അല്ലെങ്കിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കണമെന്നോ അങ്ങനെയുള്ള ആ പ്രവൃത്തിയെല്ലാം നമ്മൾ ചെയ്യണം എന്നല്ല കർത്താവ് ഉദ്ദേശിച്ച് പിന്നെന്താ കർത്താവ് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു കർത്താവ് ചെയ്ത പ്രവൃത്തി കർത്താവ് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട് യോഹനൻ്റെ സുവിശേഷം ആറാം അധ്യായം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇവിടെ വന്നതും ഈ ലോകത്തിലേക്ക് വന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ് താന് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി മരിച്ചവനെ ഉയർപ്പിച്ചു പക്ഷെ അതെല്ലാം അതിനെ മുഴുവനും സംക്ഷേപിച്ച് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം ആറാമധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഇതിനെ മുഴുവൻ സംക്ഷേപിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നത് കർത്താവ് പറയുക ഞാൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമി വന്നതെന്താണ് എന്തിനു വേണ്ടിയാണ് വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആ പിതാവിൻ്റെ ഇഷ്ടത്തിൽ ഒരു സമയത്ത് എന്തോ ഉണ്ടായിരുന്നു ആ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതുണ്ടായിരുന്നു മറ്റൊരു ഘട്ടത്തിൽ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതുണ്ടായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നതുണ്ടായിരുന്നു പക്ഷേ കേവലം ആ സംഭവങ്ങളെ അല്ല നോക്കേണ്ടത് അതൊക്കെ യേശുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു നമ്മളെ സംബന്ധിച്ചും പിതാവിനെന്തൊണ്ട് ഒരിഷ്ടമുണ്ട് നമ്മളാ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പം യേശു ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും പ്രവൃത്തി ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അങ്ങ് പേടിച്ചു പോവുക യേശു എന്തെല്ലാം പ്രവൃത്തി ചെയ്തു കടലിനെ കാറ്റിനെ ശ്വാസിച്ചു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി മരിച്ചവനെ ഉയർപ്പിച്ചു രോഗിയെ സൗഖ്യമാക്കി നമ്മളെ നോക്കുന്നില്ലല്ലോ അപ്പം എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിളല്ല അതുകൊണ്ട് നമുക്ക് വിശ്വാസമില്ല എന്നങ്ങ് നമ്മൾ അങ്ങ് ചിന്തിച്ച് പോവുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അവിടെ യോഹനാൻ്റെ അസോസിശേഷൻ പതിനാലിൻ്റെ പന്ത്രണ്ടിൽ കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യുമെന്ന് പറയുമ്പം കർത്താവ് ചെയ്ത മുഴുവൻ പ്രവൃത്തികളെയും കൂടെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം കർത്താവ് ചെയ്തതെല്ലാം എന്താ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തത് യേശുവിനെ സംബന്ധിച്ച പിതാവിൻ്റെ ഇഷ്ടത്തിൽ ഇങ്ങനെ അത്ഭുത പ്രവൃത്തികളും ഉണ്ടായിരുന്നു പക്ഷേ അത്ഭുത പ്രവൃത്തികൾ ഉൾപ്പെടെ കർത്താവിൻ്റെ മുഴുവീവിതവും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നൊരൊറ്റ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും ദൈവം വച്ചിട്ടുള്ള പിതാവിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ചെയ്യുമ്പം നമ്മളെന്താണ് ചെയ്യുന്നത് യേശു ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് നമ്മളും ചെയ്യുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത അതേ പ്രവൃത്തി ചെയ്യും ഞാൻ എന്താ ചെയ്തത് ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു നിങ്ങൾ ഒരു പക്ഷെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കണമെന്ന് പറ നിങ്ങൾ ഷടിക്കരുത് അത് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവേഷ്ടമായിരിക്കുകയില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവേഷ്ടം എല്ലാം നിങ്ങൾ ചെയ്യുമ്പം ഞാൻ ചെയ്ത അതേ പ്രവൃത്തി ഞാൻ ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയാണ് അതേ പ്രവൃത്തി തന്നെ നിങ്ങളും ചെയ്യുകയാണ് ഇതാണ് അത് ആ വാക്യത്തിൻ്റെ സാരം എന്ന് നമ്മൾ കാണണം അത് കണ്ട് കഴിയുമ്പം നമ്മുടെ ഒത്തിരി ഭാരം മാറിപ്പോകും നമ്മളങ്ങനെ പറഞ്ഞെങ്കിലും വേദവചനം വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരെന്നെനിക്കറിയാം നിങ്ങൾ ഉടനെ ആ വാക്യം വായിച്ചിട്ട് പറയും അങ്ങനെ മാത്രമല്ലല്ലോ ബ്രദറെ പറഞ്ഞേക്കുന്നത് നമ്മൾ ആ വാക്യത്തിലേക്ക് വരിക പതിനാല് യോഹൻ എൻ്റെ സുശേഷം പതിനാലിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരിക അവിടെ കണ്ടോ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മളും നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ദൈവ ഇഷ്ടം മുഴുവൻ ചെയ്യുമ്പം കർത്താവ് ചെയ്തതുപോലെ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം എല്ലാം ചെയ്തതുപോലെ നമ്മളും നമ്മളെ ഏൽപ്പിച്ച മുഴുവൻ പ്രവൃത്തിയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് നമ്മളതിനൊരു മറുപടി കണ്ടെത്തി എന്നാൽ ആ വാക്യം അവിടെ നിൽക്കുന്നില്ല അതിൻ്റെ താഴെ കണ്ടോ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് അതിൽ വലിയതും അവൻ ചെയ്യും പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് യേശുവിനെ പോലെ ആയി എന്ന് പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഉണ്ടോ എന്തോ പറയുന്നു കർത്താവ് പറയുന്നു അവന് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്തോ ചെയ്യും ഞാൻ ചെയ്തതിനേക്കാളും ചെയ്യും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കർത്താവ് ചെയ്തതിനേക്കാളും നമുക്ക് വെല്ലു ചെയ്യാൻ ഒക്കുമോ ഇവിടെ പറയുന്നു കർത്താവ് ചെയ്തതിനേക്കാൾ ചെയ്യാൻ ഒക്കുമെന്ന് പറയുന്നു കർത്താവ് ചെയ്തതിനേക്കാൾ നമുക്ക് വെല്ലും ചെയ്യാൻ ഒക്കുമോ എന്താ അതിൻ്റെ മറുപടി ഊവ് നമുക്ക് ചെയ്യാനൊക്കെ കർത്താവിന് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല ദൈവ ഞാൻ ദൈവദൂഷണം പറയാണ് എന്ന് കരുതല്ലേ നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക കർത്താവിന് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല അതെന്തെന്ന് കർത്താവ് ഈ പന്ത്രണ്ട് പേരെ കൂട്ടിക്കൊണ്ടു വന്നു കർത്താവിൻ്റെ സഭയിലുള്ള പന്ത്രണ്ട് പേര് ഇവരെ എല്ലാം കൂടെ ഐക്യതയിൽ സ്നേഹത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് കർത്താവ് നോക്കി അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്തും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണോ നീ ആണോ വലിയവൻ എന്നുള്ള തൊഴുത്തിൽ കുത്താണ് അവിടെ നടക്കുന്നത് ഇവരെ ഈ പന്ത്രണ്ട് പേരെ ഒന്നിപ്പിക്കാൻ അവരെ ഐക്യതയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് കഴിഞ്ഞില്ല അത് കർത്താവിൻ്റെ കുഴപ്പമല്ല കാരണമെന്താ ഇവിടെ അതിൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ എന്തോ ചെയ്തില്ല ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകാത്തത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയാൽ നമുക്കറിയാമല്ലോ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകും പിതാവിനോട് ചോദിച്ച് ഞാൻ എന്ത് തരും പരിശുദ്ധാത്മാവിനെ തരും അന്ന് പരിശുദ്ധാൽമാവ് ആ നിലയിൽ ലഭ്യമല്ലായിരുന്നു അതുകൊണ്ട് കർത്താവിന് രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇന്നോ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് ലഭ്യമാണ് അതുകൊണ്ട് അറുപത് പേരുള്ള എഴുപത് പേരുള്ള ആളുകളെല്ലാം ഒരൊറ്റ മനുഷ്യനെ പോലെ ഐക്യതയോടെ നിർത്താൻ നമുക്ക് കഴിയും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയത് ചെയ്യും നമ്മൾ ആ കാര്യത്തിലാണ് കർത്താവ് ചെയ്തതിനേക്കാൾ വലുത് ചെയ്യുന്നത് ഇത് നമ്മൾ കർത്താവിനേക്കാൾ കേമന്മാരായോണ്ടല്ല കർത്താവിന് നമുക്കിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാധ്യത അന്ന് ലഭ്യമല്ലായിരുന്നു സായ്ക്ക് ബ്രദർ പലപ്പോഴും ഇതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ബ്രദർ പറയും ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഇന്ന് ഈ ലോകം കണ്ടതിലെ ഏറ്റവും വലിയ മാതമറ്റീഷ്യൻ ആൽബർട്ട് ഐസ്റ്റീൻ ആൽബർട്ട് ഐസ്റ്റിൻ പക്ഷേ ആൽബർട്ട് ഐസ്റ്റീൻ ജീവിച്ച് മരിച്ചുപോയി കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം ജീവിച്ച് മരിച്ചു പോയത് ആൽബർട്ട് ഐസ്റ്റീൻ കണക്ക് കൂട്ടുന്നതിൽ ഏറ്റവും മിടുക്കനാ സമ്മതിച്ചു സമ്മതിച്ചു പക്ഷേ ഇന്ന് ആൽബർട്ട് ഐസ്റ്റീൻ കണക്ക് കൂട്ടുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് കണക്ക് കൂട്ടരുതോ കണക്ക് കൂട്ടാൻ കാര്യം നമുക്ക് എന്തുണ്ട് നമുക്ക് കമ്പ്യൂട്ടറുണ്ട് പുതിയ സൗകര്യങ്ങളുണ്ട് ആൽബർട്ട് ഐസ്റ്റിൻ ഈ സൗകര്യങ്ങളില്ലായിരുന്നു അത് ആൽബർട്ടൈസിൻ്റെ കുഴപ്പമാണോ അല്ല ഞാൻ പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ മാതമറ്റീഷ്യൻ ആൽബർട്ടൈസൻ തന്നെ നമ്മൾ അത്രയും വലിയ കണക്ക് വിദഗ്ധന്മാരല്ലായിരിക്കും പക്ഷേ നമുക്കിന്ന് എന്തുണ്ട് പുതിയ പുതിയ കമ്പ്യൂട്ടറുകളുടെ നമ്മുടെ വിരൽത്തുമ്പിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കിതിനെല്ലാം ഉത്തരം കിട്ടുന്ന കമ്പ്യൂട്ടർ എന്നൊരു വലിയ അത്ഭുതം ഇന്ന് നമ്മളിലുണ്ട് അതുകൊണ്ട് ആൽബർട്ടൈസിയൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനൊക്കും ഈ ഒരു ഉദാഹരണം ഇതിനോട് ചേർത്ത് ചിന്തിക്കുക കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ അതിൽ വലിയതും ചെയ്യും വലിയതും ചെയ്യും ആട്ടെ വലിയത് ചെയ്യുമെന്ന് പറഞ്ഞപ്പം രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ കർത്താവിന് അത് കഴിഞ്ഞില്ല എന്നാൽ ഇന്നോ ഇന്ന് അന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല ഇന്ന് പരിശുദ്ധാത്മാവെന്നൊരു സാധ്യത നമുക്കുള്ളത് എന്നിൽ വിശ്വസിക്കുന്നവൻ അതിൽ വലിയതും അതിൽ കൂടുതലും ചെയ്യും ഞാൻ പോകുന്നത് അത് കഴിയുന്നത് ഞാൻ പോയാലേ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെട്ട് പോകണ്ട സഹോര വിഷമിക്കല്ലേ വിഷമിക്കല്ലേ എന്താ നമ്മുടെ വിഷമം നമുക്ക് വേണ്ടതുപോലെ വിജയകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണോ നിൻ്റെ വിഷമം കർത്താവ് സർവ്വശക്തനാണ് കർത്താവ് അത് ചെയ്യും കർത്താവ് അത് ചെയ്യും എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്തോ ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും കർത്താവ് വിജയകരമായിട്ട് ജീവിച്ചില്ലേ പിതാവിൻ്റെ ഇഷ്ടം മുഴുവൻ ചെയ്യുന്നതാണല്ലോ സ്വന്തം ഇഷ്ടം ചെയ്യുക അത് ഇഷ്ടം ചെയ്യുന്നതാണല്ലോ വിജയകരമായൊരു ജീവിതം കർത്താവ് ആ പ്രവൃത്തി ചെയ്തു എന്നിൽ വിശ്വസിക്കുന്നവൻ അത് ചെയ്യും എന്ന് കർത്താവ് ഇവിടെ യോഹൻ ഞാൻ പതിനാലിൻ്റെ പന്ത്രണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു നമുക്കതുകൊണ്ട് പറയാം ഇന്നൊരു പക്ഷേ എൻ്റെ അനുഭവങ്ങൾ ആ നിലയിലായിട്ടില്ലെങ്കിലും ഇത് ചെയ്തു തരാൻ സർവശക്തനായ ദൈവത്തെ ഞാൻ നോക്കുന്നു അവിടുന്ന് എൻ്റെ ജീവിതത്തെ വിജയകരമാക്കി തീർക്കും എന്ന് കർത്താവിനെ നോക്കി ഉയരത്തിലേക്ക് കണ്ണുനോക്കി കർത്താവിനെ കേന്ദ്രീകരിച്ച് കർത്താവിനെ അഗ്നോളജ് ചെയ്ത് കർത്താവിൻ്റെ സർവശക്തിയെ കാണുക രണ്ടാമതോ രണ്ടാമത് ഓ ചില പറയും സഭയൊക്കെ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നമായി വരികയേ ഉള്ളൂ രണ്ടും നാലുമായിട്ട് വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകും അങ്ങനെ പിരിഞ്ഞു പോകണമെന്ന് നല്ല കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് ആ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലുത് ചെയ്യും അറുപത് പേര് എൺപത് പേര് നൂറ് പേരുണ്ടെങ്കിലും ഒരു പരസ്പര മത്സരമില്ലാതെ ഐക്യതയോടെ നിൽക്കാനായിട്ട് കഴിയും കാര്യം പരിശുദ്ധാത്മാവും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മുടെ ഒത്തിരി ഉത്കണ്ഠകൾ മാറിപ്പോകട്ടെ നമ്മുടെ ഒത്തിരി പേടികൾ മാറിപ്പോകട്ടെ നമുക്കെന്തുണ്ട് നമുക്ക് ദൈവമുണ്ട് ആ ദൈവം അവിടുന്ന് സർവശക്തനാണ് അവിടുന്ന് നമ്മളോട് കരുണയുള്ളവനാണ് ഈ ഒരു കാര്യം കാണുക അതാണ് വിശ്വാസം അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യം നമ്മളോട് ചോദിക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടതില്ല നമുക്ക് പുറത്തുള്ള ഈ ദൈവത്തിൻ്റെ ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ കാണുക അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കും നമ്മളോട് കരുണയുള്ളവനുമാണ് ആ കർത്താവിനെ കാണുക ആ കർത്താവിലേക്ക് മുഖമുയർത്തുക എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മൾ ബോധപൂർവം ഈ കർത്താവിനേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കണം ഒന്ന് പത്ര റോസില് നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് അഞ്ചാമത്തെ ആയതിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മളെന്തോ ചെയ്യണം നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠകളും ആകുലചിന്തയൊക്കെ ഉണ്ടാകുമ്പം നമ്മളെന്തോ ചെയ്യണം അത് കർത്താവിൽ ഇടണം ഇടണം ഞങ്ങൾ വെള്ളിയാഴ്ച പറഞ്ഞു അത് ബോധപൂർവമായൊരു പ്രവൃത്തിയാണ് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠേം പേടിയും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയോ ഒക്കെ ഉള്ളൂ പറഞ്ഞു പേടിക്കല്ലേ അതിന് നമ്മൾ ബോധപൂർവം നമ്മുടെ ഈ മനസ്സിനെ കർത്താവിലുറപ്പിക്കണം അതാണ് വിശ്വാസം കർത്താവിലുറപ്പിക്കുമ്പം നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കേണ്ട മറിച്ച് കർത്താവിനെ സർവ്വശക്തനായിട്ടും അവിടുന്ന് കരുണയുള്ളവനായിട്ടും കണ്ട് നമ്മളത് കർത്താവിലേക്ക് നമ്മുടെ മുഖത്തെ തിരിച്ചാൽ മതി കർത്താവ് അത് ചെയ്യും താന ഭൂമിയിലായിരുന്നു ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മളതിനായിട്ട് നമ്മുടെ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്തി കർത്താവിൽ വിശ്വസിച്ചാൽ മതി അലലുയ്യ അലലുയ്യ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക്